ചരിത്രമാണ് നമ്മൾ ഇതറസുകളിൽ മനസ്സിലാക്കുന്നത് അവിടുത്തെ നാൽപ്പതാമത്തെ വയസ്സിൽ വാഹയി ലഭിച്ചത് വരെയുള്ള സംഭവങ്ങളാണ് കഴിഞ്ഞ ദർശം നമ്മൾ വിശദീകരിച്ചത് ഹെറാ ഗുഹയിൽ ജുബറിൽ അലൈഹി വസ്സലാം അലഹി വസ്സല്ലമ്മയുടെ അരികിൽ വരികയും എന്ന് പറയുകയും റസൂൽ സല്ലാഹി വസ്ല്ലം അവിടുന്ന് ഞാൻ വായിക്കാൻ അറിയുന്നവനല്ല എന്ന് മറുപടി പറയുകയും ചെയ്ത സംഭവങ്ങളും റസൂൽ അവിടുത്തെ ഭാര്യ ഹദീജ് അടുക്കലേക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയുന്നതിനു വേണ്ടി ചെല്ലുകയുണ്ടായ കഴിഞ്ഞ ദറസിൽ നമ്മൾ പറഞ്ഞു വെച്ചു അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് ആദ്യമായി വഹൈ ലഭിച്ചതിന് ശേഷം പിന്നീട് കുറച്ചു ദിവസങ്ങൾ വഹ അവിടത്തേക്ക് ലഭിക്കാതെ വന്നു ആ കാലഘട്ടത്തിനാണ് ഫുത്തൂർ വഹൈ എന്ന് പറയുന്നത് വഹൈ നിലച്ച കുറച്ച് സമയങ്ങൾ പല പണ്ഡിതന്മാരുടെയും അഭിപ്രായ പ്രകാരം കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നബിസല്ലാഹു അലഹി വസല്ലമക്ക് വഹയിൽ ലഭിക്കാതെ വന്നത് അതിന് കാരണം മനസ്സിലുണ്ടായ ഭയം നീങ്ങിപ്പോകുന്നതിനും ഇനിയും വഹയി ലഭിക്കുന്നതിനു വേണ്ടി അവിടുത്തെ മനസ്സ് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയായിരുന്നു അങ്ങനെ നബിസൊല്ലാഹു അലഹി വസല്ലം അവിടത്തേക്ക് ദിവസങ്ങൾ കഴിയും തോറും വഹയി കൂടുതൽ ലഭിക്കാനുള്ള ഇത്രയും കാലം അന്വേഷിച്ചിരുന്ന കാര്യം അതായത് സത്യം അസൂറുള്ള നുഭൂവത്ത് അവിടത്തേക്ക് അറിയില്ലായിരുന്നു പക്ഷെ എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങുന്ന വഹയി അത് ലഭിച്ചതോടുകൂടി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലം കൂടുതലായി വഹയി ലഭിക്കാൻ ആഗ്രഹിച്ചു അങ്ങനെ റസൂല അവിടുന്ന് വഹയിനു വേണ്ടി ആഗ്രഹിക്കുകയും മനസ്സിൽ അത് ഇഷ്ടപ്പെടുകയും ചെയ്തുവെങ്കിലും കുറച്ചു ദിവസം ഞാൻ പറഞ്ഞതുപോലെ വഹയിൽ ലഭിച്ചില്ല അങ്ങനെ ഇരിക്കെ റസൂൽ സല്ലാഹലി വസല്ലം ഈ കാലഘട്ടത്തിൽ വീണ്ടും ഹെറാ ഗുഹയിലേക്ക് പോകും അവിടെ നിന്നാണ് അവിടത്തേക്ക് വഹയിൽ ലഭിച്ചത് വീണ്ടും അവിടെ നിന്ന് വഹയിൽ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ നബിസല്ലാഹു അലഹി വസ്സല്ലം ഹെറ ഗുഹയിലേക്ക് പോകും ഒരു ദിവസം ഹെറയിൽ നിന്ന് ആ ഗുഹയിൽ നിന്ന് റസൂറുള്ള വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വേളയിൽ നബിസല്ലാഹു അലഹി വസ്സല്ലം അവിടുന്ന് ഒരു ശബ്ദം ആകാശത്ത് നിന്ന് കേട്ടു അങ്ങനെ നബിസഹുല്ലാം ആകാശത്തേക്ക് നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹി വസ്സലാം അള്ളാഹു സുഹാന ജിബ്രീലിനെ പടച്ച രൂപത്തിൽ അദ്ദേഹത്തിന്റെ വലിപ്പം പൂർണമായി കാണുന്ന രൂപത്തിൽ ചക്രവാളം മുട്ടെ നിറഞ്ഞു നിൽക്കുന്നത് റസോൾ അലൈഹി വസ്ല്ലം കണ്ടു ജിബ്രീലിന്റെ വലുപ്പം വളരെ വലിയ വലുപ്പമാണ് നബിസാഹ അലി വസല്ലമയുടെ ചില ഹദീസുകളിൽ തന്നെ വന്നതുപോലെ അവിടത്തേക്ക് അറുന്നൂറ് ചിറകുകളുണ്ട് അതിൽ ഒരു ചിറക് മുഴുവൻ മൂടാൻ മാത്രം വലുപ്പമുള്ളതാണ് ഒരു ചിറക് മാത്രം നമ്മൾ കടലിന്റെ മുന്നിൽ പോയി നിന്ന് കഴിഞ്ഞാൽ കാണുന്ന ആ ആകാശം മുഴുവൻ ചക്രവാളമാണ് ഒരു ചിറക് വിടർത്തിപ്പിടിച്ചാൽ അത് ചക്രവാളം മുഴുവൻ മൂടാൻ മാത്രം വലുപ്പമുണ്ട് അദ്ദേഹത്തിന്റെ ശരിയായ സൃഷ്ടിപ്പ് പൂർണ്ണമായി പുറത്തേക്ക് കാണിച്ചുകൊണ്ട് ജുബ്രീൽ അലൈഹി വസ്സലാം നബിസല്ലാഹു അലൈഹി വസ്ല്ലമയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അത് കണ്ടപ്പോൾ റസൂല പേടിച്ചുകൊണ്ട് വീട്ടിലെ ഓടി ഹദീജു അടുക്കൽ വന്നുകൊണ്ട് റസൂൾ പറഞ്ഞു ഹദീജ നീ എന്നെ പുതപ്പിക്കുക പുതപ്പിട്ട് മൂടുക എന്ന് പറഞ്ഞുകൊണ്ട് റസൂൾ വന്നു അലിയൻ എന്റെ മേൽ കുറച്ച് തണുത്ത വെള്ളമൊഴുക്കുക അലിഹു വസ്സലാം ശക്തമായി പേടിച്ചു ജുബ്രീൽ അലി വസ്ലാത്തു വസ്സലാമെ അദ്ദേഹത്തിന്റെ രൂപത്തിൽ കണ്ടപ്പോൾ ദ സിറൂണി എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂൾ ഉള്ള വന്നത് പുതപ്പിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് أننا أريد أن نبدأ كموري كدك ويأمن بشدة قرآن إلى عدد التصورة ودرك النبي الله سبحانه وتعالى يَا أَيُّهَا الْمُدَّثِّرِ يَا أَيُّهَا الْمُدَّثِّرِ قُمْ فَأَنْذِرِ وَرَبَّكَ فَكَبِّرْ وَثِيَابَكَ فَطَهِّرْ وَالْرُجِزَ فَهْجُرْ وَلَا تَمْنُ تَسْتَكْثِرْ يَنُّ تُرَنْنَا ആയത്തുകൾ ആ സന്ദർഭത്തിലാണ് നബിസല്ലാഹുഅഅലഹി വസ്ലമീത അവതരിക്കുന്നത് എന്താണ് അതിന്റെ അർത്ഥം അല്ലയോ പുതപ്പുട്ട് മൂടിക്കിടക്കുന്നവനെ നീ എഴുന്നേൽക്കുക എന്നിട്ട് നീ താക്കീത് നൽകുക നിന്റെ റബ്ബിനെ അവന് നീ തെബീർ ചൊല്ലുക പണ്ഡിതന്മാർ പറഞ്ഞു റബ്ബ് അള്ളാഹുവിനെ നീ ഏകനാക്കുക അതാണ് അതിന്റെ അർത്ഥം നിന്റെ വസ്ത്രം അത് നീ ശുദ്ധീകരിക്കുക പണ്ഡിതന്മാർ പറഞ്ഞു വസ്ത്രം ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്ന് റസൂൾ ശരീരം വൃത്തിയാക്കുക രണ്ട് അതിനേക്കാൾ വലിയ കാര്യം നിന്റെ കൽബ് നീ എല്ലാ മോശത്തരങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുക എല്ലാ വൃത്തികേടുകളിൽ നിന്നും നിന്റെ കൽബിനെ നീ ശുദ്ധീകരിക്കുക നീ അങ്ങേറ്റം അകലേക്ക് ഒഴിവാക്കുക റുജ് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു അള്ളാഹുവിന് പുറമെ അബാദത്ത് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അതാണ് അവിടുത്തെ ഉദ്ദേശം എല്ലാ അമ്ലേച്ചമായ കാര്യങ്ങളെ ഇനി ഒഴിവാക്കുക അവിടെ ഉദ്ദേശിക്കപ്പെട്ടത് പ്രധാന ഉദ്ദേശങ്ങളിൽ ഒന്ന് അള്ളാഹു സുഹാനഹു വാലക്കു പുറമെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളാണ് ഈ ആയത്ത് നമിസല്ലാഹു അലഹു വസ്ല്ലമക്ക് മേൽ അവതരിച്ച ആദ്യത്തെ ആയത്തുകളിൽ ഒന്നാണ്മിക്ക് ശേഷം ആദ്യം അവതരിച്ച സൂറത്താണിത് അതുകൊണ്ടാണ് സഹാബികളിൽ ചിലർ പറഞ്ഞത് ഖുർആാനിൽ ആദ്യം അവതരിച്ച സൂറത്ത് സൂറത്തുൽ മുദ്ദയാണ് ആദ്യം ഇറങ്ങിയ ആയത്തുകൾ സൂറത്തുൽ അലക്കിലെ ആയത്തുകളാണ് ഇക്റ ബിസ്മി റബ്ബിഖല്ല എന്നാൽ ഒരു സൂറത്ത് പൂർണ്ണമായി ആദ്യമായി അവതരിച്ചത് പൂർണമായി തീർന്നത് മുദ്ദറിലൂടെയാണ് അതുകൊണ്ടാണ് ചില ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം ആദ്യം അവതരിച്ചത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പല സഹാബികളും അല്ലെങ്കിൽ ചില സഹാബികൾ മുദ്ദർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ഇതാണ് ആദ്യം അവതരിച്ച സൂറത്ത് സൂറത്തുൽ ആണ് നബിഹുട് അള്ളാഹു പറഞ്ഞ കൽപ്പന നീ താക്കീത് നൽകുക ആ കൽപ്പന ഇരുപത്തിമൂന്ന് വർഷം നബിസൊല്ലാഹു അലൈഹു വസല്ലം നിലക്കാതെ പാലിച്ചു എന്ന വാക്ക് നീ എഴുന്നേറ്റ് നിൽക്കുക താക്കീത് നൽകുക വിശ്രമിക്കാതെ നബിസല്ലാഹു അലൈഹി വസ്ല്ലം താക്കീത് ചെയ്തുകൊണ്ടിരുന്നു അവിടുന്ന് വിശ്രമിച്ചിട്ടില്ല അന്ന് അവിടുന്ന് എഴുന്നേറ്റരാൻ പിന്നെ അവിടുന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നിട്ടില്ല ജീവിതം പൂർണമായി പിന്നീട് ഇരുപത്തിമൂന്ന് വർഷം നിലക്കാത്ത ദാവത്തായിരുന്നു നബിസ്വല്ലാഹു അലൈഹു വസ്ല്ലമേട് എന്തിനധികം അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭം ഈ ലോകത്ത് നിന്ന് പിരിയുന്ന വേള ആ സന്ദർഭത്തിൽ പോലും റസൂലുള്ള ഈ കൽപ്പന ഒഴിവാക്കിയില്ല എഴുന്നേറ്റ് നിൽക്കുക താക്കീത് നൽകുക റസൂലുള്ള പറഞ്ഞുകൊണ്ടിരുന്നു യഹൂദികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ അവരവരുടെ നബിമാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി നബിഹു അലഹി വസ്ല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു ഒരിക്കൽ മരിക്കുന്നതിന് മൂന്ന് നാല് ദിവസങ്ങൾക്ക് മുൻപ് റസൂൽഹു അലഹി വസ്ല്ല മിമ്പറിന്റെ മുകളിൽ കയറി അവിടുന്ന് ഹൃദയായ ഒരു പ്രഭാഷണം നടത്തി വിടവാങ്ങുന്ന ഒരാൾ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു അത് കേട്ടപ്പോൾ ഹൃദയങ്ങൾ കിടുങ്ങി വറച്ചു കണ്ണുകൾ ഈറൻ അണിഞ്ഞുപോയി നിങ്ങൾ ആദ്യത്തെ കൽപ്പനയാണിത് ഹും അഹമ്മദ് എഴുന്നേൽക്കുക അതിന് നബിസൊലാഹു അലിഹു വസ്ലമയുടെ ജീവിതം മുഴുവൻ നോക്കിയാൽ അത് കാണാൻ സാധിക്കും വിശ്രമമില്ലാത്ത ദാവത്തിലായിരുന്നു അവിടെ നിന്ന് ഒരിക്കൽ പോലും അവിടുന്ന് വിശ്രമിച്ചില്ല അസുഖമായപ്പോൾ പോലും പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ പോലും അവിടുത്തെ കല്ലെറിഞ്ഞാട്ടി സന്ദർഭത്തിൽ പോലും അവിടുന്ന് പ്രബോധനം അവസാനിപ്പിച്ചില്ല അള്ളാഹു സുബാന ഹു ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും പൂർണമായി നമ്മുടെ റസൂൽ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം അവിടുന്ന് നിർവഹിച്ചതായി അവിടുത്തെ ചരിത്രം സാക്ഷ്യം വഹിക്കുന്നുണ്ട് ശരി ഈ സത്ര തുൽ വഹൈ വഹയിന്റെ ഈ ഒരു ചെറിയ വിടവ് അത് പിന്നീട് നബി സല്ലാഹു അലഹി വസല്ലമക്ക് ഉണ്ടായിട്ടില്ല ഒരു തവണയല്ലാതെ ഒരു തവണ റസൂൾ സല്ലാഹു അലഹി വസ്ല്ലമക്ക് വഹൈ മൂന്ന് നാല് ദിവസങ്ങൾ തുടർച്ചയായി ലഭിക്കാതെ വന്നു ജിബ്രിയിൽ വരുന്നില്ല രണ്ടു മൂന്ന് ദിവസങ്ങൾ ആ സന്ദർഭത്തിൽ റസൂളുള്ള രോഗമായിരുന്നു രോഗമായപ്പോൾ അവിടത്തേക്ക് വാഹി രണ്ടു മൂന്ന് ദിവസം രണ്ടു മൂന്ന് രാത്രികളിൽ ലഭിക്കാതെ വന്നു ഒരു സ്ത്രീ വന്നിട്ട് നബിഅഅലി വസയുടെ അടുക്കൽ വന്നു പറഞ്ഞു യാ മുഹമ്മദ് ഇന്നീല അർജു അന്യൂനഷയു കറക്ക മുഹമ്മദ് എന്റെ ആ ഷയപ്പാന നിന്നെ ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് എന്റെ ആ അത് അവസാനിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രണ്ടു മൂന്ന് ദിവസം റസോള്ളക്കെ വഹയില്ല നിന്റെ ഷെയപ്പാൻ അത് നിന്നെ ഒഴിവാക്കി നമുക്ക് തോന്നുന്നത് മൂന്നാല് ദിവസമായിട്ട് നിന്റെ അടുക്കൽ അവൻ ഇതുവരെ വന്നിട്ടില്ല അവർ കളിയാക്കി അപ്പോഴാണ് ഈ ഫെത്രുൽ വഹൈ വഹ പിന്നീട് ഒരിക്കൽ കുറച്ച് വിട്ടുനിന്ന ഈ സന്ദർഭത്തിലാണ് സൂറത്തു അവതരിച്ചത് നിന്റെ റബ്ബ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല നിന്നെ അവഗണിച്ചിട്ടില്ല എന്നിട്ട് അള്ളാഹു സുഹാനി സാഹു അലൈഹി വസ്ലമക്ക് ചെയ്തു കൊടുത്ത ഞാൻ എണ്ണി എണ്ണി പറഞ്ഞു ആ സൂറത്ത് അവതരിക്കുന്നത് രണ്ടാമതുണ്ടായ ഷത്രുൽ വഹയിലാണ് രണ്ടാമതുണ്ടായ വഹൈന്റെ വിടവിലാണ് ഈ സൂറത്ത് അവതരിച്ചത് ശരി നബിസഹില്ലം അവിടുന്ന് അവിടുത്തെ സൂറത്തുൽ മുദ്ദസിർ അവതരിച്ചതിന് തൊട്ടു ശേഷമാണ് മുദ്ധിറിന്റെ തൊട്ടു മുൻപുള്ള സൂറത്ത് മുസാഫ് എടുത്തു നോക്കിയാൽ മുദ്ദസിറിന് മുൻപ് കാണാവുന്ന സൂറത്ത് ഏതാണ് സൂറത്തു അൽ ഈ സൂറത്ത് തൊട്ടുടനെ തന്നെ പിന്നെ അവതരിച്ചു മുദ്സിർ അവതരിച്ചതിന് തൊട്ടു ശേഷമാണ് മുസ്തമ്മിൽ അള്ളാഹു പറഞ്ഞു അല്ലയോ പുതച്ചു മൂടിക്കിടക്കുന്നവനെ രണ്ട് സുഹൃത്തുകൾ അങ്ങനെ വന്നിട്ടുണ്ട് ഒന്ന് നിസ്കരിക്കുക വളരെ കുറച്ച് സമയമൊഴികെ ഒന്നല്ലെങ്കിൽ രാത്രിയുടെ പകുതി അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയിൽ നിന്ന് കുറച്ചു കുറക്കുക അപ്പോൾ മൂന്നിലൊന്നാകും ഒന്നല്ലെങ്കിൽ രാത്രിയുടെ പകുതി രാത്രിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഇന്ന് മകറിബ് ആറുമണി മുതലാണെങ്കിൽ നാളെ ആറു മണിക്കാണ് സുബ്രഹയുടെ ബാങ്ക് കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുകയാണ് പന്ത്രണ്ട് മണിക്കൂറാണ് രാത്രി അതിൽ ആറു മണിക്കൂർ നീ നിന്ന് അതാണ് രാത്രിയുടെ പകുതി ആറു മണിക്കൂർ അതല്ലെങ്കിൽ അതിൽ നിന്ന് നീ കുറച്ചു കുറക്കുക പന്ത്രണ്ട് മൂന്നായി തിരിച്ചാൽ നാലു മണിക്കൂർ ഇങ്ങനെ ഒന്നല്ലെങ്കിൽ രാത്രിയുടെ പകുതി അതല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ചു കുറച്ചുകൊണ്ട് നീ രാത്രി നിന്ന് നിസ്കരിക്കുക അതല്ലെങ്കിൽ പകുതിയെക്കാൾ കൂടുതൽ നിസ്കരിക്കുക ആറു മണിക്കൂറിനേക്കാൾ കൂടുതൽ ഞാനീ പറഞ്ഞ പന്ത്രണ്ട് മണിക്കൂർ രാത്രിയാണെങ്കിലാണ് ഈ പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ രാത്രി ഉണ്ടാവില്ല എന്തായാലും രാത്രി പകലിനേക്കാൾ കുറവായിരിക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഒരു കണക്ക് പറഞ്ഞത് അതല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കുക ഖുർആആൻ തർത്തിയിലോടുകൂടി ഓതുകൊസം വളരെയധികം ദൈർഘ്യമായി നിസ്കരിച്ചിരുന്നു ഏതുവരെ അവിടുത്തെ കാലിൽ നീര് വന്നു വെറുക്കുന്നതുവരെ മാത്രമല്ല അവിടുന്ന് ഒരു നിസ്കാരത്തിൽ തന്നെ സൂറത്തുൽ ബക്കറയും സൂറത്തു ആലും സൂറത്തുൽ നിഷാവും ഒരു രാത്രിയിൽ തന്നെ അവിടെ നോതി തീർക്കുമായിരുന്നു സൂറത്തുൽമ ഇതയുമെല്ലാം വലിയ സൂറത്തുകൾ അവിടുത്തെ പാരായണമാകട്ടെ വളരെ പതുക്കയായിരുന്നു വളരെ പതുക്കെയായിരുന്നു ചില ആളുകൾ വിചാരിച്ചേക്കാം നമ്മൾ ഇന്ന് ഐഷാ നമസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കാൻ ഞാൻ നമ്മൾ എങ്ങനെയൊക്കെ സ്പീഡിൽ ഓതിയാലും ഈ പറഞ്ഞത് റസൂളുള്ള ചെയ്തത് നമ്മളിൽ പലർക്കും ബാധിച്ചു കൊള്ളണമെന്നില്ല എന്താണ് അതിന്റെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞു അതിനുള്ള കാരണം സമയത്തിലെ പറക്കത്തില്ലാതെയാകുന്നത് ചില ആളുകൾ ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കാൻ നമ്മളൊന്നും ചെയ്താൽ ശരിയാവുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട് അതിന്റെ കാരണം ഇതാണ് സമയത്തിൽ പറക്കത്തില്ലാതെയാകുന്നത് സമയത്തിൽ പറക്കത്ത് ലഭിക്കുക എന്നത് വലിയ കാര്യമാണ് സമയത്തിൽ പറക്കത്ത് ലഭിക്കാനുള്ള വലിയ മാർഗങ്ങളിലൊന്ന് പ്രധാനപ്പെട്ട മാർഗങ്ങളിലൊന്ന് അള്ളാഹുവിനുള്ള ദിക്കറ് വർദ്ധിപ്പിക്കലാണ് അള്ളാഹുവിനുള്ള ദിഖർ വർദ്ധിപ്പിച്ചാൽ സമയം ധാരാളമായി വറക്കത്ത് നൽകപ്പെടും ദിഖർ കുറയുന്നതിനനുസരിച്ച് സമയത്തിൽ വറക്കത്ത് കുറയും ഇത് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞതായിക്കാണ്ഹീം അള്ള അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ മുൻഗാമ്പികളായ പണ്ഡിതന്മാരെ എടുത്തു നോക്കും അവർ ചെറിയ സമയങ്ങൾ കൊണ്ട് സമൂഹത്തിനു വേണ്ടി മാറ്റിവെച്ച കാര്യങ്ങൾ വളരെ വലുതാൻ ഉദാഹരണത്തിന് ഷേഖുൽ ഇസ്ലാം അബിൻ റഹിമഅള്ള അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ അഖീരത്തുൽ വാസത്തയ്യ അത് അദ്ദേഹം എഴുതിയത് ഒരു ആസറിനും മകരീബിനും ഇടയിലുള്ള സമയത്ത് ഒരു ആസറിന്റെ മകരീബിന്റെ ഇടയിലാണ് ആ പുസ്തകം അദ്ദേഹം എഴുതി തീർത്തത് അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ച് വലുപ്പമുള്ള പുസ്തകമാണ് അൽഫത്തൽ ഹുയ്യ കുറച്ചുകൂടി വലുപ്പമുള്ള പുസ്തകമാണ് ഏതാണ്ട് ഇത്ര കട്ടിയുള്ള ഒരു പുസ്തകമാണത് അത് അദ്ദേഹം എഴുതി തീർത്തത് വുഹറിന്റെയും ആസറിന്റെയും ഇടയിലാണ് നമ്മൾ ആരെങ്കിലും ഇന്ന് അത് നോക്കി പകർത്തി എഴുതാൻ വഹർ മുതൽ ആസർ വരെ ശ്രമിച്ചാൽ ചിലപ്പോൾ സാധിക്കില്ല നോക്കി പകർത്തി എഴുതാൻ ശ്രമിച്ചാൽ നമുക്ക് സാധിക്കില്ല എന്തുകൊണ്ട് സാധിക്കുന്നില്ല ബറക്കത്ത് നഷ്ടപ്പെടുന്നാലും സമയത്തിലെ ബറക്കത്ത് സാഹു അലി വസ്ല്ലാം അവിടത്തേക്ക് അള്ളാഹു സുബാനു പോലെ സമയത്തിൽ ധാരാളമായി ബറക്കത്ത് ചെയ്തിരുന്നു സമയത്തിൽ വറക്കത്ത് ലഭിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് ദിഖർ വർദ്ധിപ്പിക്കലൻ അതുപോലെ തന്നെ പുർആാൻ പാരായണം റുആാൻ പാരായണവും ദിഖർ പ്രത്യേകിച്ച് കൽബു കൊണ്ടുള്ള ദിഖർ വർദ്ധിപ്പിക്കലും സമയത്തിൽ ബറക്കത്തുണ്ടാകാനുള്ള വഴികളിൽ പെട്ടെന്ന് നിങ്ങൾ ഇത് പരിശീലിച്ചു നോക്കിയാൽ ചിലപ്പോൾ സമയം നിങ്ങൾക്ക് ബാക്കിയായതായി തോന്നും റുഹാൻ ജീവിതത്തിലുണ്ടെങ്കിൽ അള്ളാഹുവിനുള്ള ദിഖർ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും സമയത്തിൽ പറക്കത്തുണ്ടാവും ശരി നബിസൊല്ലാഹു അലി വസല്ലം അവിടുത്തോട് അള്ളാഹു പറഞ്ഞു കുമില്ല നിരാത്രിയിൽ വളരെ കുറച്ചല്ല അത് നിന്ന് നിസ്കരിക്കുക ഈ കൽപ്പന നബിസല്ലാഹു അലി വസല്ലും സഹാബികൾക്കും ഒരുപോലെ ബാധകമായിരുന്നു ഒരുപോലെ അത് ബാധകമായിരുന്നു അതുകൊണ്ടാണ് ആദ്യ വർഷത്തിൽ റസൂൾ ഉള്ള ആദ്യ കൊല്ല കൊല്ലത്തിൽ രാത്രി നിസ്കാരമെന്നത് ക്കും സഹാബികൾക്കും മേൽ നിർബന്ധമായിരുന്ന കാര്യമായിരുന്നു പന്ത്രണ്ട് മാസക്കാലം അലി വസല്ലും സഹാബികൾക്കും രാത്രി നിസ്കരിക്കുക എന്നത് നിർബന്ധമായിരുന്നു പിന്നീട് അള്ളാഹു സുഹാന ഈ സൂറത്ത് സൂറത്തുൽ മുസ്ലിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞു അവസാനത്തിൽ ഈ ഇറങ്ങിയ ആയത്ത് അതിന്റെ അവസാന ഭാഗം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുകൾ ചിലപ്പോൾ ചില ആയത്തുകൾ തുടക്കത്തിൽ അവതരിക്കും പിന്നെ അതിന്റെ അവസാന ഭാഗം ഇറങ്ങും പിന്നെ അതിന്റെ ഇടയിൽ ചില ആയത്തുകൾ ഇറങ്ങും ഇങ്ങനെയാണ് ഖുർആാൻ അവതരിച്ചത് സൂറത്ത് ഉൽ അവസാന ഭാഗം ഒരു വർഷം കഴിഞ്ഞാണ് അവതരിച്ചത് ആ ആയത്തിൽ അള്ളാഹു സുഹാന പറഞ്ഞു ഇനി മുതൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങൾ പാരായണം ചെയ്യുക നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് എന്ന് അള്ളാഹുവിന് മനസ്സിലായിട്ടുണ്ട് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ അള്ളാഹുന് മുന്നേറ്ററിയാം പക്ഷെ ഈ ഒരു വർഷം അള്ളാഹു സുഹാനഹുല രാത്രി നിസ്കാരം നിർബന്ധമാക്കിയിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട് ജോലി അന്വേഷിക്കുന്ന ആളുകളുണ്ട് എന്ന് അള്ളാഹു സുഹാനഹു വചാല അറിഞ്ഞിരിക്കുന്നു അതിനുശേഷം പിന്നീട് സഹാബികൾക്ക് രാത്രി നിസ്കാരം നിർബന്ധമാണ് എന്ന കാര്യം അവരുടെ മേൽ നിന്ന് എടുത്തുമാറ്റപ്പെട്ടു നബിസല്ലാഹു അലഹി വസ്ല്ലമക്ക് രാത്രി നിസ്കാരം നിർബന്ധമായിരുന്നോ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമുണ്ട് ഒരു വിഭാഗം പറഞ്ഞു നിർബന്ധമായിരുന്നു മറ്റൊരു വിഭാഗം പറഞ്ഞു ഇല്ല നബിസല്ലാഹു അലഹി വസ്സല്ലമക്കും അത് സുന്നത്തായിരുന്നു പക്ഷെ അവിടുന്ന് അത് സ്ഥിരം ചെയ്തിരുന്നു റസൂൾ നിൽക്കുമ്പോൾ രാത്രി സംസ്കാരം സുന്നത്തായിരുന്നു പക്ഷെ അവിടുന്ന് അത് ചെയ്തിരുന്നു അറീമഅ അള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരി